ചത്തമൃഗത്തെയും രക്തത്തെയും പന്നിമാംസത്തെയും അള്ളാഹുസുബഹാനഹുവറ്റാന ഇല്ലാത്തവർക്കായി അറുക്കപ്പെട്ടതിനെയും മാത്രമാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് എന്നാൽ ആരെങ്കിലും നിർബന്ധിതനായി അതിലേക്ക് തിരിയുകയും അത് മനഃപൂർവ്വമോ അതിരുകടന്നോ അല്ല എങ്കിൽ പാപമില്ല തീർച്ചയായും അള്ളാഹുസുബഹാനഹുവറ്റായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്